സത്യലോകന്മാര് നരകം വരയുള്ള വി ലോകം സംസാരം അതിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അതിൽ ചുറ്റിക്കറങ്ങുന്നവര് എത്രയോ കാലം നമ്മള് ക്ഷണം മുഹൂർത്തം യാമ ഒരു മുഹൂർത്തം എന്ന് വെച്ചാൽ ഇന്നത്തെ കണക്കനുസരിച്ച് നാപ്പത്തെട്ട് മിനിറ്റ് ആണ് ഒരു മുഹൂർത്തം എന്റെ കൃത്യം തന്നെ പലക്കും പല കണക്കാണ് ഒരു യാമം എന്ന് വെച്ചാൽ തൊണ്ണൂറ് മിനിട്ടാണ് കൃത്യമായ കണക്കുകളാണ് ഇങ്ങനെ മഹാ സംസാരം ആധ്യാത്മികം ആദിദൈവം ആദിഭൗതിക താപത്രയം ആധ്യാത്മികമായ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വരുന്ന ദുഃഖങ്ങൾ ആധി ദൈവികം എന്ന് പറഞ്ഞ ൈവികം എന്നാൽ ആ ഇവിടെയൊക്കെ പിന്നിൽ ദേവതാശക്തികൾ ഉണ്ടെന്നുകൊണ്ടാണ് അതിന് ആധി ദൈവികം എന്ന് പറയുന്നത് വെടിവെട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു ദേവതയുണ്ട് മഴ പെയ്ത് അതിന്റെ പിന്നിലൊരു ദേവതയുണ്ട് പഴയ വിശ്വാസമുണ്ട് അതുകൊണ്ടുണ്ടാവുന്ന ദുഃഖങ്ങളെ ആതി ദൈവം സിദ്ധാന്ത അധ്യാത്മാഷ്ടെ അതിശബ്ദത്തിന് വൃത്തിയൊന്നും ആധി വരുന്നതാണ് അതിഭാഗ സമാസത്തിന് പഠിച്ചതാണ് ആത്മനീതി അധ്യാത്മം തത്രഭാവം ആധ്യാത്മികം അത് സമാസം ഒന്ന് തദ്ദേഹ പ്രത്യേകം അധ്യാത്മം എന്ന് വെച്ചാൽ ആത്മാവിലെന്നർ ആത്മാവിൽ അധ്യാത്മത്തിന്റെ അർത്ഥം ആധ്യാത്മികം എന്ന് വെച്ചാൽ ആത്മാവിലുള്ളത് ഇവിടെ ആധ്യാത്മിക ദുഃഖവും പറയുമ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സുമാണ് പിന്നെ മറ്റേ ആത്മാവുണ്ട് അതുകൊണ്ടാണ് ശാരീരികവും മാനസികവും പറയുന്നത് സാധാരണ ആത്മാവെന്ന് പറയുന്ന അർത്ഥമുണ്ട് ഇവിടെ ആധ്യാത്മികത്തിലെ ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരവും മനസ് പിന്നെ ആദ്യഭൗതികമെന്ന് പറഞ്ഞു മൃഗാധി ആ മൃഗാധി അതെന്താ ആദ്യഭൗതികമെന്ന് പറയുന്നത് പ്രാണികൾ എന്ന് പറഞ്ഞ പ്രാണികൾ പഞ്ചഭൂതങ്ങളല്ല ആ പ്രാണികൾ നിമിത്തമായിട്ടുണ്ടാകുന്ന ദുഃഖം ദേവന്മാര് നിമിത്തമായിട്ടുണ്ടാകുന്ന ദുഃഖം ആദ്യ ദൈവികം അതുകൊണ്ട് ആദ്യ ഭൗതികം പ്രകൃതി ശക്തികളിൽ നിന്നുണ്ടാകുന്നത് നമ്മൾ ഇന്ന് പറയുന്നു അതൊക്കെ പണ്ട് ോപം അപ്പൊ ആ ദേവന്മാരാകൊണ്ടാണ് ആ ദേവി ആത്മാ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ഉണ്ട് ആധ്യാത്മികം എന്ന് വെച്ചാൽ ശരീരവും മനസ്സിനും അതിനിക്തമായിട്ടൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ എന്താണ് ആദ്യ ഭൗതികം പ്രാണികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം ആദ്യ ദൈവികം എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസം ആധ്യാത്മികം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്മിൻ സംസാരമണ്ഡലെ യോഗസൂത്രമാണ് പ്രസംഗ്യാന വിവേക ഖ്യ യോഗികൾ ജ്ഞാന യോഗികൾക്ക് അത് പ്രകൃതി പുരുഷ വിവേകജ്ഞാനം പ്രകൃതി വേറെ പുരുഷന് മേരെയെന്നുള്ള വിവേകജ്ഞാനമാണ് യോഗത്തിന് ഒരുപാട് കൂട്ടുപിടിക്കുന്ന ആളാണ് എല്ലായിടത്തും യോഗം വരും അതുകൊണ്ട് സമാധി എന്ന് പറയുന്നതാണ് പ്രസംഗ്യാനോടെ കൊണ്ടു അപ്പൊ വിവേകമുണ്ടാവുന്നു എന്താണ് സംസാരം അനിത്യമാണ് രസന്നാണ് അശ്വചിയാണ് ദുഃഖാവുന്നതാണ് ഇത് മുമ്പ് പറഞ്ഞൊരു കാര്യം ഓർക്കാനം പറയുന്നത് നിത്യ അനിത്യവസ്ഥയിൽ തോന്നുന്നു നിത്യവും അനിത്യത്തെയും തിരിച്ചറിയാവുന്നതാണ് എന്തല്ല സത്യമിഥ്യ എന്നുള്ള വിവേക പക്ഷെ സത്യമിത്യം എന്നുള്ള ഒരു അർത്ഥം എടുത്തുകൊണ്ടാണ് ഭാവനികാരൻ വ്യാഖ്യാനിച്ചത് ഭാഷകാരന്റെ അഭിപ്രായത്തിൽ അതിന്റെ ആവശ്യമില്ല സത്യം എന്താണ് അസത്യം എന്താണെന്ന് അറിഞ്ഞാൽ മതി കർമ്മഫലങ്ങളെല്ലാം അസത്യം അതുകൊണ്ട് വൈരാഗ്യം ഉണ്ടാകുന്നു പക്ഷെ ഭാവനികാരം പറയുന്നത് നിത്യത്തിന് സത്യം എന്നർത്ഥം പറഞ്ഞു ്രഹ്മ അനിത്യത്തിന് അസത്യം നടത്തുമ്പോൾ അല്ലെങ്കിൽ മിഥ്യ പ്രപഞ്ചം അപ്പോ അവിടെയൊക്കെ ഒരു വ്യത്യാസമുണ്ട് അതിന് സത്യമിഥ്യകളുടെ വിവേകമുണ്ടാകുന്നു അങ്ങനെ വൈരാഗ്യം ഉണ്ടാകുന്നു അപ്പോ ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാകുന്നതിന് മിഥ്യാജ്ഞാനമാണോ വേണ്ടത് അതോ അനിത്യത്വജ്ഞാനമാണ് രണ്ടും ഉണ്ടായ ഫലം അനിത്യമാണെന്നുള്ള രീതിയിൽ വൈരാഗ്യമുണ്ടാകാം അനിത്യം മിഥ്യമാണെന്നുള്ള രീതിയിലും വൈരാഗ്യമുണ്ടാകാം വൈരാഗ്യം ഉണ്ടാകുന്നതിന് മിഥ്യാജ്ഞാനം നിർബന്ധമില്ല എന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ യോഗികൾ അവരാണ് ഈ പരമവൈരാഗ്യത്തെ കുറിച്ച് പറയുന്നത് വശീകാര സംജ്ഞാവിടെ അവർ ജഗത്തിന് മിഥ്യയായി സ്വീകരിക്കുന്നവരിലാണ് കർമ്മഫലങ്ങൾ അനിത്യമാണെന്ന് കരുതുന്നു അതുകൊണ്ട് അവർക്ക് വൈരാഗ്യം ഉണ്ടാവും അപ്പൊ കർമ്മഫലങ്ങൾ അനിത്യം എന്നറിഞ്ഞാ മതി നിശ്ചയതോന്നാണെന്നറിഞ്ഞാ മതി മിഥ്യയാണെന്നറിയണമെന്നില്ല വൈരാഗ്യം ഉണ്ടാവും അപ്പൊ മിഥ്യ നിർബന്ധമുള്ള കാര്യമില്ല അതുകൊണ്ടാണ് ഭാഷകാരുടെ നിത്യ അനിത്യവസ്ഥയോ എന്താ മിഥ്യ എന്ന് പറഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാകുന്ന എല്ലാവർക്കും നിഥ്യാർത്ഥാനം വേണമെന്നുള്ളൂ പക്ഷേ ആരും അംഗീകരിക്കാത്തവർക്കിങ്ങനെ മിഥ്യാജ്ഞാനം ഉണ്ടാകുമ്പോൾ രാമാനുജൻ വൈരാഗ്യത്തെ അംഗീകരിക്കുന്നുള്ളൂ പക്ഷെ മിഥ്യാർത്ഥാനത്തെ അംഗീകരിക്കുന്നുണ്ട് ഭാഷകാരന്റെ കാഴ്ചപ്പാട് മതിയുടെ ബാമലികാരൻ പറയുന്ന പോലെ നിത്യവും മിഥ്യയും എന്നുള്ള സത്യവും മിഥ്യവും എന്നുള്ള ജ്ഞാനത്തിന്റെ ആവശ്യ വൈരാക്കിയിരിക്കുന്നു നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ ബാമലികാരന്റെ പക്ഷപ്പാറുറി അതുപോലെ നിത്യവും മിഥ്യയും സത്യവും മിഥ്യവും ഞാനും വേണം വൈരാഗ്യത്തിനെന്ന് നാമികാരത്തിലെ ആൾക്കാർ ഇതൊരു തർക്കവിഷയമാണ് വൈരാഗ്യത്തിന് സത്യവും മിഥ്യവും ഞാനം വേണോ നിത്യവും അനുഭവം ഭൂപനിഷത്തുകളിലോ രീതിയിലോ ഒരിടത്തും വൈരാഗ്യത്തിന് സത്യവും മിഥ്യോന്നുള്ള ജ്ഞാനം വേണോ എന്ന് പറഞ്ഞിട്ടില്ല എല്ലായിടത്തും പറയുന്നത് എന്താണ് നിത്യവും അനിത്യവും കർമ്മഫലങ്ങൾ അനിത്യമാണ് എന്നറിഞ്ഞ വൈരാഗ്യം ഉണ്ടാവും ആ ബ്രഹ്മഭുനാ ലോക പുനരാവർത്തിനോജ് ഭീതിയിലൊക്കെ പറയുന്നതാണ് ബ്രഹ്മലോകം വരെ ഉള്ള അനിത്യമാണ് ഉണ്ടാകാനോട് താല്പര്യം വേണ്ട കർമ്മം കൊണ്ടുണ്ടാകുന്ന ഫലമൊന്നും നിത്യമല്ല നിത്യവുമായ ആത്മാവിനെ കർമ്മഫ കൊണ്ട് സിദ്ധിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് അതുകൂടെ ഇവിടെ കൂടുതലായി മനസ്സിലാക്കിക്കൊള്ളുന്നുണ്ട് പറയാത്ത കാര്യമാണ് ഇപ്പൊ പ്രസംഗ്യാനോ വിവേക ജ്ഞാനം ഉണ്ടാകുന്നു തദോസ അനിത്യ ഇവിടെ വീണ്ടും അനിത്യം എന്നാ പറഞ്ഞത് നിത്യാനിത്യ വസ്തു വിവേക ലക്ഷണമാണ് പ്രസംഗ്യാനാണ് നിത്യാനിത്യ വസ്തുവിവേകം ആണ് പ്രസഖ്യാനം എന്നുവെച്ചാൽ നിത്യാനിത്യ വസ്തുവിവേക വിവേകങ്ങളും ജ്ഞാനമാണ് നിത്യാനിത്യവിവേകമാണ് പ്രസംഖ്യാനിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ അതുകൊണ്ട് എന്തും ഇഹാമുത്ര അർത്ഥഭോഗ അങ്ങനെയാണ് ഭാവതികാർ കണ്ടിരിക്കുന്നത് പക്ഷെ ഇഹാമുത്ര അർത്ഥ ധനഭോഗ വിരാഗ അതെന്തുകൊണ്ട് അങ്ങനെയെന്നുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞു പിന്നെ ഭാഗികാലോട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് അർത്ഥം എന്നുള്ളതിന് ഫലം എന്നർത്ഥം പറയുന്നുണ്ട് അത് പ്രാർത്ഥ്യത അർത്ഥ ഫലം അപ്പോ അർത്ഥത്തിന് ഫലമെന്നർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫലമെന്ന് പറയുന്ന വാക്കവിടെ വേണ്ട അങ്ങനെയാണെങ്കിൽ പിന്നെ ഭാഷകാരനും ഭാവതികാരനും പറയുന്ന ഒന്നാകാമല്ലോ ഭാഗതികാരനും പറയുന്ന എന്താണ് ബലം തന്നെ ഭാഷകാരനും പറയുന്ന എന്താണ് ഫലം തന്നെ അവിടെ ഇഹാമുത്ര അർത്ഥ ഫലമെന്ന് പറഞ്ഞു ഇവിടെ ഫലമെന്ന് പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല അർത്ഥത്തിന്റെ ഫലം അർത്ഥം ഫലമെന്നാണ് പാമതികാരൻ എന്തു പറഞ്ഞു അർത്ഥ അർത്ഥത്തിന് പാമതികാരൻ ഫലമെന്ന് പറയുന്നു അപ്പൊ ഭാഷകാരൻ അവിടെ എടുത്തു പറഞ്ഞു വിഹാമുത്ര ഫല രണ്ടല്ലേ പറയുന്നു ശങ്കരാചാര് അർത്ഥം ശങ്കരാചാര്യ എന്താ ഉദ്ദേശിക്കുന്നത് അർത്ഥം വെച്ച വസ്തു വസ്തു അങ്ങനെയാണെങ്കിൽ അവിടെ പറയുന്നു ഈ ലോകത്തിനും പരലോകത്തിലുമുള്ള വസ്തുക്കളുടെ ഫലം ഇദ്ദേഹം വരുന്നു ഈ ലോകത്തും പല ലോകത്തിലുള്ള ഫലം വസ്തുക്കളുടെ ഫലം തന്നെ പലരുടെ നന്നായി പക്ഷേ പ്രധാന വ്യത്യാസം വരുന്ന എവിടെയല്ല വ്യത്യാസം വരുന്നത് അങ്ങനെ വേണമെങ്കിൽ രണ്ടുപേർക്കും പറഞ്ഞു രണ്ടുപേരും ഒരു കാര്യം തന്നെ പറയാം പക്ഷെ ഭാവതികാര വ്യത്യാസപ്പെടുത്തി നിത്യത്തിന് സത്യമൊന്നും അനിത്യത്തിന് അസത്യം ഒന്നും ക്ഷാതകാരം പറയുന്നത് നിത്യം എന്ന് പറഞ്ഞാൽ നിത്യം നിത്യം തന്നെ അനിത്യം വസിക്കുന്നത് ആ ഒരു വ്യത്യാസം വൈരാഗ്യം അങ്ങനെയാണെങ്കിലും വൈരാഗ്യം അപ്പോ അനിത്യം എന്നറിഞ്ഞാ വൈരാഗ്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വീകരിക്കാം അദ്വീതിക്കും ഇഷ്ടാദ്വീതിക്കും സങ്കേതം യോഗയ്ക്കും എല്ലാവർക്കും ഒന്നനിത്യം എന്നറിഞ്ഞാല് താല്പര്യം ഉണ്ടാകത്തില്ല ബ്രഹ്മലോക അനിത്യം എന്ന് പറഞ്ഞാൽ താല്പര്യം ഉണ്ടാകത്തില്ല സ്വർഗ അനിത്യം പറഞ്ഞാൽ താല്പര്യം ഉണ്ടാകത്തില്ല അനിത്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മിഥ്യ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല മിഥ്യ എന്ന് പറഞ്ഞാല് വൈരാഗ്യം ഉണ്ടാകും പറഞ്ഞാൽ അദ്വീതിക്ക് മാത്രമേ പറ്റൂ വേറെ പറ്റത്തില്ല അനിത്യം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും കത്തൊന്നും ഉണ്ടാകും ഒന്നുകൂടെ പറയാനുള്ളൂ ആ എനിക്ക് മനസ്സിലായ കൊത്തന്ത് കൊത്തന്തറങ്ങി അപ്പ ചോദിക്കും പറഞ്ഞുതരും ഒന്ന് പറഞ്ഞു കൊടുക്ക മനസിലായും പറയും അസത്യം ബ്രഹ്മം വിട്ടുവാക്കിയ അസത്യം എന്തിന് നമ്മുടെ പേര് പറഞ്ഞ തമ്മിലുള്ള വ്യത്യാസമല്ല മറിയാം പക്ഷുകാരൻ നശിക്കുന്ന പക്ഷുകാരൻ പറയുന്നത് നശിക്കുന്നറിഞ്ഞാ വൈരാഗ്യം ഉണ്ടാവും ഭാവതികാരം വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ മിഥ്യ എന്നുള്ള പിന്നെ അന്റെ ഗുണം അനിത്യം എന്നറിഞ്ഞാ വൈരാഗ്യം ഉണ്ടാവും പറഞ്ഞാൽ അദ്വൈതിക്ക് വൈരാഗ്യം ഉണ്ടാവും സാങ്കന്മാർക്കുണ്ടാവും ജോലികൾക്കുണ്ടാവും ഇഷ്ടാദ്വീരിക്ക് ഉണ്ടാവും കാരണം അവരുടെ അനിത്യം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാകുന്നവരാണ് അതൊന്നും വ്യത്യാസം ഞാൻ വ്യത്യാസം ആനയെ ഉറുമ്പം പോലെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ യോഗികള് സാങ്ക്യന്മാർ അവരുടെ അതി പ്രപഞ്ചമൊക്കെ അനിത്യമാണെന്ന് കരുതുന്നു പക്ഷെ അവരാരും മിഥ്യെന്ന് കരുത് മിഥ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് രജിസറപ്പും പോലെയാവും സ്വപ്നം പോലെയാവും അവരതൊന്നും അംഗീകരിക്കുന്നു അവരാരും അംഗീകരിക്കുന്നു അത്വേ മാത്രേ അംഗീകരിക്കുന്നു ഇപ്പം പാവതികാരം പറയുന്നതാണോ കൂടുതൽ യോഗിക്കുന്നത് അതേ ഭാഷകാരം പറയുന്നതാണോ ഭാഷകാരം പറയുന്ന കൂടുതലായിട്ട് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റുള്ള കാരണം വൈരാഗ്യം എല്ലാവർക്കും ഉള്ളതാണ് അദ്ദേഹത്തിന് മാത്രമല്ല ഇവിടെ പറയുന്നത് ആത്മ അനാത്മ വിവേകം കൊണ്ട് വൈരാഗ്യം ഉണ്ടാകുന്നതാണ് ാരനും പറയുന്നുകാരൻ പറയുന്ന അനിത്യത്തെ മിഥ്യെന്നർ വേറെ ആർക്ക് വൈരാഗ്യം ഉണ്ടാകുന്നില്ല യോഗിക്ക വൈരാഗ്യം ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അവർക്കാണ് വശീകാര സംജ്ഞരാഗ്യം യോഗസൂത്രങ്ങളൊക്കെ പഠിപ്പിച്ച സൂത്രങ്ങളൊക്കെ പഠിപ്പിച്ച സായക്കന്മാരെ പഠിപ്പിക്കുന്നു പറ്റിക്കാണ് കാര്യങ്ങൾ പറയുന്നത് അർത്ഥ്യതയെ പ്രാർത്ഥ്യതയിലം അർത്ഥം എന്ന് പറഞ്ഞാൽ ഫലം നേടുന്നത് ഇതിയാവ എന്നാണ് അർത്ഥം വിഹാമുത്ര അർത്ഥം എന്ന് ഇവിടെയും പരലോകത്തിലുള്ള ഫലങ്ങൾ അതില് വിരാഗം എന്ന് പറഞ്ഞാൽ അനാഭോഗാത്മിക ഉപേക്ഷാബുദ്ധി അനാഭോഗം അതൊന്നും അനുഭവിക്കേണ്ട അനുഭോഗം എന്ന് വെച്ചാൽ അനുഭവിക്കുക അനാഭോഗം എന്ന് വെച്ചാൽ അനുഭവിക്കുക അനുഭവിക്കുക അതൊന്നും അനുഭവിക്കേണ്ട എന്നുള്ള ഉപേക്ഷാബുദ്ധി ത്യാജ്യബുദ്ധി അതാണ് ഉപേക്ഷ അല്ലെങ്കിൽ ഉദാസീന ബുദ്ധി ഇതൊന്നും അനുഭവിക്കേണ്ട എന്നുള്ള ഉപേക്ഷ ഇതാണ് പൂജയുടെ സമയമായ അവിടെ തിരക്കുണ്ടായിക്കോ സാറിന് ഒരു ദിവസം ഒരു പതിനായിരം രൂപയുടെ ഗുരുഭൂജി അതൊന്നും എഴുതും വലിയ പതിനായിരം അല്ല സാധാരണ ഗുരുപൂജ പുഷ്പാഞ്ജലി എല്ലാം കൂടെ തിങ്കള് മതിയെ ശരി പതിനായിരം രൂപ കിട്ടും നഷ്ടമുണ്ട് കച്ചവട അത് പതിനായിരത്തിന്റെ ി അത് എൺപതാക്കി ആൾക്കാർ ഡൌണ്ട് ചെയ്യാനായിട്ട് ഒരാള് ഒരു പൂജ ആളത്തും കുടുംബത്തിൽ എല്ലാർക്കും പൂഞ്ഞാളത്തിൽ ൂണും കൂടെയുണ്ട് അപ്പൊ പിന്നെ അത് ഊണിന് കുടുംബശ്രീടെ കൂടാണെങ്കിൽ അറുപത് രൂപ നമ്മള് അതുപോലെ അല്ലല്ലോ അതിലും ഊണല്ലേ ആ അപ്പൊ പിന്നെ എൺപത് രൂപ വാങ്ങിക്കും അതൊന്നും നൂറ് രൂപയാകുന്നത് ോണ്ല്ലേ ഇവിടെ കുടുംബശ്രീയുടെ ഫോണിൽ നിന്ന് അറുപത് രൂപയാണ് അമീനിന്റെ ചാർന്ന് കിട്ടും അഞ്ചു രൂപ ആ ഞാനിവിടെ വരുമ്പോ അഞ്ചു രൂപ പക്ഷെ അമ്പത് രൂപക്ക് റൂണ് കൊടുക്കാൻ പറ്റൂ മാത്രമേ നൂറ് രൂപ അർച്ചനു ഓണില്ല എന്തായാലും ഊണ് കിട്ടും അല്ലേ ആ ഇപ്പ എന്താ ലോണ് കിട്ടും അങ്ങനെയാണെങ്കി ഇത് കുറയ്ക്കണം കൂടുതൽ പേര് എഴുതും ഇപ്പൊ ഊണ് നമ്മള് ഫ്രീ ആക്കുകയാണെങ്കിൽ നൂറ് രൂപ അതിന് വെക്കേണ്ട കാര്യമില്ല കാരണം അതുകൊണ്ടല്ലേ കടക്കുന്നത് മറ്റതുകൊണ്ടന്നെ അടക്കുന്നത് അപ്പൊ അമ്പത് രൂപയാക്കണം അതാണ് ബുദ്ധി ഇപ്പൊ കൂടുതൽ പേരെഴുതും അഞ്ചുപേരും അമ്പത് രൂപ അമ്പത് രൂപ ആക്കണം ബുദ്ധിപരമായി നിങ്ങൾ അതിന്റെ എക്കണോമിക്സ് കാർഷിക വ്യക്തിയൊക്കെ നോക്കിയാൽ മതി ഏരിയ അതെ ഇപ്പൊ നിങ്ങള് ഊണ് കൊടുക്കുന്ന നൂറ് രൂപ വാങ്ങിച്ചിട്ടല്ല അപ്പൊ നൂറെന്ന് കേൾക്കുമ്പോ ആൾക്കാർക്ക് ഒരു വലിയ ഇത് നമ്മൾ ഒരു ചൂഷണം ചെയ്യണോ എന്ന് തോന്നും അമ്പത് എന്ന് പറയുമ്പോ കുഴപ്പമില്ല അമ്പത് എല്ലാവരും പേരിലും എല്ലാവരുടെ പേരിലൊക്കെ എഴുതും അപ്പൊ അമ്പ ഒരു പൂജയാക്കണം ഇത് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവും മനസ്സിലാവില്ല വരുമാനം കൂട്ടാനുള്ള ബുദ്ധി പറഞ്ഞു വരികയാണ് പഴയ അത് കണക്കാക്കിയല്ലല്ലോ ഇവിടെ ഈ പൈസ കണക്കാക്കിയല്ലോ ലോണ് കൊടുക്കുന്നത് കാരണം അഞ്ചു ഒരു പുഷ്പാഞ്ജലി നടത്തുന്നവന് മൂണുണ്ടല്ലോ ആ പിന്നെന്തിനാ നൂറ് വാങ്ങിക്കണം അല്പം കൂടി ബുദ്ധിപരമായി ചിന്തിക്കണം ഴിഞ്ഞാ എന്തായാലും കൊടുക്കണല്ലോ കുടുംബം ഫ്രീ ആണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ജോലി ചേർത്ത ആൾക്കാരൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാല്ലോ അവരൊന്നും ചെയ്യത്തില്ലല്ലോ അവർ രസീതെഴുതല്ലോ വല്യ വഴക്കും ഒക്കെ പരിസരത്തുള്ളവരോട് അത് തന്നെ അത് അമ്പത് രൂപ എഴുതി എൺപത് രൂപ എഴുതിയാലും വരത്തില്ലേ അത് തന്നെ അത് വരുന്നുണ്ടല്ലോ അതെന്തായാലും വരുമല്ലോ അത് അവരെ ഒഴിവാക്കാൻ വേണ്ടി എൺപതാക്കിട്ട് കാര്യമുണ്ടോ ഏത് നമുക്കെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വരുമാനം ഉണ്ടാവുകയാണ് അവരുടെ ഇഷ്ടമല്ല പറഞ്ഞ കേൾക്കുന്നില്ല അതേ തന്നെ നമ്മൾ ഫ്രീ കൊടുക്കുന്നു അപ്പോൾ കൂടുതലും ഗുരുപൂജ എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് വരുമാനം മനസ്സിലായി അമ്പത് രൂപയ്ക്ക് കൂടുതൽ എഴുതും അപ്പോ നമ്മൾ എന്തായാലും കൊടുക്കുകയും വേണം ലോക്കൽസ് ആണെങ്കിൽ സെക്യൂരിറ്റി വെച്ച് അവന്റെ വേറെ വഴിയൊന്നുമില്ല കട കുടിക്കുന്നതാണ് പരീക്ഷണാളിത് മൂന്ന് മാസം നോക്കുക അമ്പത് രൂപ വെച്ചിട്ട് എത്ര ഗുരുപൂജ കൂടുന്നു ഗോടന്മാരോടത്തൊക്കെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല അമ്പത് രൂപ ശരിക്കും ഗുരുപൂജ വരുവായിരുന്നു പിന്നെ അത് എഴുപതായപ്പോൾ വലിയ കുറവായിരിക്കും പുഷ്പാഞ്ജലിയായി പുഷ്പാഞ്ജലി അന്ന് പത്തിരും പുഷ്പാഞ്ജലി എൺപത് എഴുപത് കൊടുക്കാൻ അപ്പം ഭക്ഷണം ഇന്ന ദാനം നമ്മള് ഫ്രീ ആയി കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ ഇത് കുറച്ചു കഴിഞ്ഞാൽ അത്തരം വരുമാനം കൊടുക്കും ആ അതുകൊണ്ട് തന്നെ ചെലവ് നടക്കുന്നു എൺപത് രൂപ എഴുതുമ്പോ ആള് കുറയല്ലേ ചെയ്യുന്നത് വേറൊന്നുണ്ടോ സർക്കാർ കയറുന്നുണ്ടോ ൾക്കാർക്കുണ്ടാവും അമ്പത് എന്ന് പറഞ്ഞാല് നൂറെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രതി കിട്ടും അപ്പൊ എല്ലാവരും ജി പിന്നെയൊന്നും ഇല്ലല്ലോ ഈ സാധാരണക്കാർക്കൊന്നും ജിപ്പിയാനുള്ള ഇതിപ്പോ സാധാരണ ഇവിടെ വരുന്ന ഒരു ഫാമിലി ആയിട്ട് വരുന്ന കുട്ടികളായിട്ടൊക്കെ അപ്പൊ അവർക്ക് ഒരു പേര് അവർ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ പക്ഷെ എഴുതുന്നവര് ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിരം രൂപകൾ വരും വലിയ പൈസ പിന്നെ അവര് പിന്നെ വേറെ ഐഡിയോടെ പറഞ്ഞുതരാം ഈ ഗുരുപൂജ ഗുരുപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇങ്ങ് ചേർക്കണം ഗുരുപൂജ പ്രസാദം അമ്പത് രൂപ ഗുരുപൂജ പ്രസാദം എന്ന് എഴുപത്തേക്ക് ഗുരുപൂജ കഴിച്ച അതിൻ്റെ കൂടെ ഊണ് ഫ്രീ ആണ് എന്നുള്ള ഗുരുപൂജപ്രസാദം എന്നെഴുപ്പേക്ക് എന്റെ നേരെ ഞാൻ കഴുതാം ഗുരുപൂജപ്രസാദം എന്ന് എഴുതി കഴിഞ്ഞാല് ഏ ഗുരുപൂജ പ്രസാദം ഒന്നുക വെറും ഗുരുപൂജല്ലോ പുതിയ തലമുറയല്ലേ വരുന്നത് ഗുരുപൂജ പ്രസാദം എഴുതി കഴിഞ്ഞാൽ അമ്പത് രൂപ ആൾക്കാർ അമ്പത് രൂപക്ക് പ്രസാദം പഠിച്ചൊരു അമ്പത് രൂപ കൊടുക്കാം പറയുമ്പോഴത്തേക്ക് എന്തായാലും പ്രസാദമുണ്ടോ ബന്ധമായി കൊള്ളട്ടെന്താ പ്രസാദമൊന്നും കഴിയാമല്ലോ എന്തായാലും ഗുരുപൂജ പ്രസാദം എഴുതി കഴിഞ്ഞാൽ ഗുരുപൂജയും പ്രസാദവും അങ്ങനെല്ലാം ഗുരുപൂല ഗുണം നേടാൻ പറ്റും അപ്പൊ പ്രസാദം കുറച്ചുകൂടെ ഞങ്ങള് ഒന്ന് ഉണർന്ന് ചിന്തിക്കണം അതിന്റെ ഇടയ്ക്ക് വന്നു ഗുരുപൂല പ്രസാദം നല്ല കാര്യം നമ്മുടെ ഭക്ഷണവും ചിന്തിക്കണം ഇതൊക്കെ പറഞ്ഞോട്ട് അതിൽ വൈരാഗ്യം ഉണ്ടാകും അനാഭോഗാത്മിക ഭഗം ഭനുഭവം അതില്ലാതിരിക്കുന്ന ഉപേക്ഷാബുദ്ധി ഉദാസീന ബുദ്ധിയൊന്നും ത്യാജ്യബുദ്ധിയെന്നോ പറയാം വേണ്ട എന്നുള്ള ബുദ്ധി ഫലം വേണ്ട ത്യാഗം വേണ്ട വിരാഗത്തിന്റെ അർത്ഥമാണ് പറഞ്ഞത് വിരാഗം എന്ന് വെച്ച അനാഭോ അതൊരു ബുദ്ധിയാണ് ഒരറിവാണ് അറിവ് എന്തറിവ് അനാഭോഗാത്മിക അനുഭവിക്കേണ്ട എന്നുള്ള ത്യാജ്യം വിഹാമുത്ര ഫലഭോഗ വിരാഗം അത്രേ ഉള്ളൂ തത് സാധന സമ്പദ് ഭാഷത്തിലും പറഞ്ഞിരിക്കുന്നു സമ്പദ് അത് ഒന്ന് വിശദീകരിക്കുന്നുണ്ട് ഭാതികാരൻ നല്ല തന്റെ ശൈലിയിൽ ഭാഷയിൽ കഷായം അതിരാമത്തം ഹിമന ുച്ചാവചം ഇന്ദ്രിരാണി പ്രവർത്തയൻ വിവിധ പ്രവൃത്തി പുണ്യഫലാ ഭാവയോ സംസാരെ ഹോമിക്കുന്നു എന്നിട്ട ജീവന്മാരെ ുന്നു ഈ പുരുഷന്മാരെ ഹോമിക്കുന്ന ആരാണ് മനഹാമനസ് എങ്ങനെയാണ് മനസ്സ് രാഗാദി കഷായ മധുരാമത്തം രാഗാദി കഷായങ്ങളാകുന്ന മതിര മദ്യം കഷായ രാഗാദി ദോഷങ്ങളാകുന്ന മദ്യം കൊണ്ട് മത്തുപിടിച്ചതായ മനസ്സ് രാഗം ക്രോധം ഇങ്ങനെയുള്ള ദോഷങ്ങൾ കൊണ്ട് ദോഷങ്ങളാകുന്ന മദ്യം മധുര അതുകൊണ്ട് മത്തുപിടിച്ച മനസ്സ് അങ്ങോട്ട് അന്വയിക്കണം ജുഹോതി ഹോമിക്കുന്നു ആരെ ജീവനെ എങ്ങനെ ആ മനസ്സ് എങ്ങനെയാണ് ഹോമിക്കുന്നത് മനഹ ഭാവയത് മനഹ എന്നെ ഭാവയത് മനഃ അതിനൊന്നും ഇതൊന്നും കമ്പനിയുടെ വിളിയാണ് എന്ന വിളിക്കാൻ വിളിക്കാരുന്നു എന്താണ് അവസരം ഗുണം എന്നുള്ളത് എന്ത് ഭാവയെത്തുണ്ടാക്കുന്നതായ മനസ്സ് എന്തിനുണ്ടാക്കുന്നു പറഞ്ഞിരിക്കുന്നത് ഉച്ച വിശേഷും അതാത് വിഷയങ്ങളിൽ മനസ്സ് അതാത് എന്ന് വെച്ചാൽ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുകയാണ് ഓരോരോ ഇന്ദ്രിയ വിഷയങ്ങളിൽ ണി ഉച്ചാവചം പ്രവർത്തയും ഇന്ദ്രിയങ്ങളെ പലതരത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഉച്ചാവിധം വെച്ചാൽ നാനാവിധം ഇന്ദ്രിയങ്ങളെ ഉച്ചാവചമ്യമാണ് നാനാവിധം പ്രവർത്തിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ എന്താ അങ്ങനെ പറയുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളെ വിഷയ അതാത് വിഷയങ്ങളിൽ പലതരത്തിൽ പ്രവർത്തിക്കുന്ന വെച്ചാൽ ശബ്ദം സ്പർശം രൂപ രസം ഗന്ധം എന്നിവ പ്രവർത്തിപ്പിക്കുന്നു അതൊക്കെ ഇതൊക്കെ ഭാബു സൂപ്പർ സ്റ്റൈലാണ് ഇങ്ങനെയെന്ന് വരുന്ന സാധാരണ ഒരാതൊന്നും കഴിയത്തില്ല അങ്ങനെ പ്രവർത്തിപ്പിച്ചിട്ട് വിവിധ പ്രവൃത്തി പലതരത്തിലുള്ള പ്രവൃത്തികൾ പലതരത്തിലുള്ള പ്രവൃത്തി പുണ്യാപുണ്യഫല പുണ്യവും പാപവുമായി ഫലത്തെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയെ വിശേഷിപ്പിക്കുകയാണ് പലതരത്തിലുള്ള പ്രവൃത്തികൾ ഭാവുകൾ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത് മനസ് എന്നിട്ട് പുരുഷം പുരുഷനെ ഇവിടുത്തെ ജീവനെ അതിഘോരേ അതിഘോരമായ വിവിധ ദുഃഖജ്വാലാ ജടിലെ പലതരത്തിലുള്ള ദുഃഖജ്വാലകൾ തീജ്വാലകൾ ദുഃഖത്തിന്റെ തീജ്വാലകൾ കൊണ്ട് ജടിലമായിരിക്കുന്ന വളരെ സങ്കീർണ്ണമായിരിക്കുന്ന സംസാരുചി സംസാരമാകുന്ന ഹുതബുക്ക് സംസാരാഗ്നി ഹോമിക്കുന്നു ആരെ പുരുഷൻ ആര് ഹോമിക്കുന്നു മനസ്സ് എങ്ങനെ ഹോമിക്കുന്നു ഞാനാ വിഷയങ്ങളിൽ പലതരത്തിൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പുണ്യ പുണ്യ പുണ്യപാപലങ്ങളെ ഉണ്ടാക്കി പുരുഷനെ അതിഘോരമായിരിക്കുന്ന നാനാതരത്തിലുള്ള ദുഃഖജ്വാലാ ചരിതമായിരിക്കുന്ന ഘോരമായിരിക്കുന്ന ഈ സംസാരത്തിൽ പുരുഷന്റെ ജീവൻ വരെ ഹോമിച്ചവരക്ഷപ്പെടണം മനസ്സിലായത് ഓക്കെ Oh, oh, oh, oh, oh.